വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചാരിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ലോകം മുഴുവൻ ഒരു സങ്കടകാലത്തിലൂടെ കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവര് നമ്മളും ഇന്ന ഭൂമിയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള നിലനിൽക്കുന്ന പ്രയാസങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തില് ശോധന ചെയ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ് ദൈവം നല്ലവൻ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു ഏഹോവ നല്ലവൻ എന്ന രൂപിച്ചറിവേൽ ഈ വാക്യങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ ഏഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഇതിനൊരു നീക്കുപോക്കില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമാണ് ശോധന ചെയ്യപ്പെടുന്നത് വിശ്വാസം ഇതുപോലെ ശോധന ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് വേദപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ വിലയിരുത്തി പറയുന്നത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാര്യം നമുക്ക് വളരെ പ്രാഥമികമായ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നു നമ്മൾ നമുക്ക് അറിയാം ദൈവത്തിലെ തിന്മയായിട്ടൊന്നുമില്ല യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അതാണ് നമ്മളോട് പറയുന്നത് അവിടെ പറയുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പം ദൈവത്തിലെല്ലാം നന്മയായിട്ടുള്ളതേ ഉള്ളൂ ഗുഡ് തിങ്സ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫാദർ ഓഫ് ലൈറ്റ് എന്നൊക്കെയാണ് അവിടെ യാക്കോബ് ഒന്ന് പതിനേഴിൽ നമ്മൾ കാണുന്നത് നല്ല ദാനം തികഞ്ഞ പോസിറ്റീവായ കാര്യങ്ങളാണ് ദൈവത്തിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നോക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിലും നിഷേധാത്മകമായ കാര്യങ്ങളൊന്നുമില്ല രണ്ട് കോരിന്ത്യർ ഒന്നാമധ്യായം അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ് യേശു പറയുന്ന വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നു യേശു ക്രിസ്തു എന്നും മറ്റൊരിക്കൽ എന്നും ആയിരുന്നില്ല അവനിൽ ഉവ് എന്നത്രയേ ഉള്ളൂ ദൈവത്തിന്റെ വാദ്യത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ കണ്ടോ ഇവിടെ നമ്മൾ വായിക്കുന്നത് പൗലോസ് പറയുന്നത് കർത്താവായ യേശു എല്ലാം എന്തേ ഉള്ളൂ യേസ് ഉള്ളൂ ഏ കർത്താവിൽ ഒരിക്കൽ യേസും മറ്റൊരിക്കൽ നോയുമല്ല യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കലില്ല എന്നും ആയിരുന്നില്ല അവനിലെന്തേ ഉള്ളൂ അവനിലെപ്പോഴും യെസ് എന്നേ ഉള്ളൂ പോസിറ്റീവായ കാര്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്ര പ്രിയപ്പെട്ടവർ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ദൈവത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ നന്മ നമുക്ക് പ്രാപിക്കാനൊക്കാതെ പോകുന്നത് എന്താണ് ദൈവത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഏ നമ്മൾ ദൈവത്തിലെല്ലാം നന്മയായ കാര്യങ്ങളാണുള്ളത് തികഞ്ഞ വരമാണ് നല്ല ദാനമാണ് ഉവ് എന്ന് മാത്രമേ അവനിലുള്ളൂ എങ്കിൽ നമുക്ക് വിശ്വാസികളായ നമുക്ക് എന്തുകൊണ്ട് അത് പ്രാപിക്കാനായിട്ട് കഴിയ കഴിയുന്നില്ല ഈ ഒരു കാര്യത്തിന് മുമ്പിലാണ് പലപ്പോഴും നമ്മൾ ചഞ്ചലിച്ചു പോകുന്നത് നമ്മളിവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവർ ദൈവത്തിൽ നന്മയായ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ നന്മയായ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ അതിന് ഒരു വഴിയേ ഉള്ളൂ അതെന്താ അതാണ് ഫെയ്ത്ത് അതാണ് വിശ്വാസം എബ്രാഹിർ പതിനൊന്നിൻ്റെ ആറ് നമുക്കറിയാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും അപ്പോൾ വിശ്വാസമാണ് പ്രധാനം ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ പറയും ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഇന്നതാണ് എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആ ഭണ്ഡാരത്തിലെല്ലാം നന്മയായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് കടക്കാനുള്ള പാസ്വേഡ് എന്താ ആ പാസ്വേഡ് വിശ്വാസമാണ് വിശ്വാസം കൊണ്ടേ അത് കഴിയുള്ളൂ യാക്കോവിൻ്റെ ലേഖനത്തിൽ തന്നെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നോക്കുക അവിടെയും നമുക്ക് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തോട് യാചിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നേരെ എതിർവശം എന്താ വിശ്വാസത്തിൻ്റെ നേരെ എതിർവശം എന്ന് പറയുന്നത് സംശയമാണ് സംശയമാണ് അതുകൊണ്ട് സംശയിക്കുന്ന ഒരു മനുഷ്യൻ അവന് എന്താ കാറ്റടിച്ച അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലത് ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്നാണ് യാക്കോബ് ഒന്ന് ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് കണ്ടോ നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തിലെല്ലാം നന്മയായിട്ടുണ്ട് പക്ഷെ ആ നന്മ നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് എബ്രാ ലേഖനകാരൻ പറയുന്നു യാക്കോബ് പറയുന്നു വിശ്വാസമില്ലാതെ അതിനു നേരെ എതിരായ സംശയമുള്ളവൻ അവൻ പറ്റും അവന് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കേയില്ല സംശയിക്കുന്നവന് ഇങ്ങനെയുള്ള മനുഷ്യന് കർത്താവിംഗിൽ നിന്ന് വല്ലത് ലഭിക്കും എന്ന് നിരൂപിക്കരുത് അപ്പൊ ഇതിൻ്റെ ഈ വാക്യത്തെ നമുക്ക് അതിൻ്റെ അതിനെ ഒന്ന് മറിച്ചിട്ടാലോ അതിന് നേരെ എതിരായി പറഞ്ഞാലോ സംശയിക്കുന്നവന് ഒന്നും ലഭിക്കേയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിന് അതിൻ്റെ എതിർവശം എന്താ വിശ്വസിക്കുന്നവന് എല്ലാം ലഭിക്കും എന്ന് തന്നെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് ഇബ്രാഹിം ലേഖനകാരനും യാക്കോബും പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആരെങ്കിലും സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും കണ്ടോ അപ്പം വിശ്വസിച്ചാൽ വിശ്വാസത്തോടെ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കർത്താവും പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തിലെല്ലാ നന്മകളും അതുണ്ട് അത് നമുക്ക് പ്രാപിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസം കൂടാതെ അത് നേടാനായിട്ട് കഴിയുകയില്ല അവിശ്വസിക്കുന്ന മനുഷ്യന് ദൈവത്തിങ്കിൽ നിന്നൊന്നും ലഭിക്കുകയില്ല അപ്പം വിശ്വസിക്കുന്ന മനുഷ്യന് എല്ലാം ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കും വിശ്വസിച്ചു കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളോട് നീങ്ങി കടലിൽ പോകാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സംഭവിക്കും ഇതെല്ലമാണ് നമ്മളെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വിശ്വാസം എത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന നമ്മൾ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വിശ്വാസം കൂടാതെ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ ബൈബിളിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിനെയാണല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു റോമർ നാലിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് പൗലോസ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പം അബ്രഹാമിനെയാണ് എടുത്ത് കാണിക്കുന്നത് അബ്രഹാം എന്ത് ചെയ്തു ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്താ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എങ്ങനെയാ ദൈവത്തെ വിശ്വസിച്ചത് അത് മനസ്സിലാക്കിയാൽ ഈ വിശ്വാസം എന്നുള്ളതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കും അങ്ങനെ വിശ്വസിച്ചാൽ അതുകൊണ്ട് ഈ റോമർ നാലിൻ്റെ മൂന്ന് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്ന കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്ന ആ കാര്യം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് അവനെ ഹോവിയിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു ആ ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് നോക്കുക ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നത് അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാം ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ഈ എൻ്റെ ദാസനായ ദമ്മശേഖകാരനായ എലയാസറാണ് ഏർ അബ്രഹാം നോക്കുമ്പോ തന്നെ തന്നെ നോക്കുമ്പോൾ തനിക്കിനി മക്കളൊന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന വാഗ്ദാനം ചെയ്താണ് ദൈവം അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് വരുന്നത് എന്നാൽ ഇന്ന് പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം നോക്കുമ്പോൾ അതൊന്നും നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് അവൻ പരാതിപ്പെടുകയാണ് എനിക്ക് മക്കളില്ലല്ലോ ദൈവമേ ഈ ദാസനാണ് എൻ്റെ അവകാശിയാകാൻ പോകുന്നത് എന്ന് അവൻ പറയുക അന്നേരം ദൈവം അവിടെ ചെയ്യുന്നത് അവനെ അവനിലേക്ക് നോക്കുന്നതിന് പകരം ഉൽപ്പത്തി ദിവസം പതിനഞ്ചിന്റെ അഞ്ച് നോക്കുക അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനോട് പറയുന്നു നീ ഉയരത്തിലേക്ക് നോക്കുക ആകാശത്തേക്ക് നോക്കുക അവിടെ നക്ഷത്രങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ നീ നിന്റെ കണ്ണ് മുകളിലേക്ക് ഉയർത്തുക അബ്രഹാം വിശ്വസിച്ചതിൻ്റെ ആ തുടക്കമാ നമ്മൾ കാണുന്നത് അതെന്താ അവനിലേക്ക് തന്നെ നോക്കിയിരുന്നു അബ്രഹാമിനോട് പറയുന്നു നീ ആകാശത്തേക്ക് നോക്കുക നീ നിന്റെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തുക വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് അതാണ് നമ്മിലേക്ക് നോക്കിയിരിക്കാതെ നമ്മിൽ നിന്നുള്ള നമ്മുടെ നോട്ടം മാറ്റി ഉയരത്തിലേക്ക് ദൈവത്തിലേക്ക് നോക്കുന്നതാണ് വിശ്വാസം അബ്രഹാമിനോട് ദൈവം പറയുന്നത് അബ്രഹാമെ നീ നിന്നെ നോക്കി നിന്റെ ശരീരത്തെ നോക്കി സാറയെ നോക്കി അങ്ങനെ നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് നിരാശപ്പെടാനേ ഉള്ളൂ അതുകൊണ്ട് നീ നിന്റെ കണ്ണ് ആരിലേക്ക് ഉയർത്തണം ഉയരത്തിലേക്ക് നമ്മെ സംബന്ധിച്ച് നമുക്ക് പറയാം നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമുക്കവിടെ വിശ്വാസം കണ്ടെത്താനൊക്കെ ഇല്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് നോക്കി അയ്യോ എനിക്ക് വിശ്വാസമില്ല എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറയും പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസമെന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് തന്നെ നോക്കി നിരാശപ്പെടുന്നതല്ല മറിച്ച് നമുക്ക് പുറത്ത് ഉയരത്തിലേക്ക് ദൈവത്തിലേക്ക് കണ്ണ് നടുന്നതാണ് വിശ്വാസം അപ്പൊ നോക്ക് എത്ര ലളിതമാണ് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മിൽ തന്നെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മിൽ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചെടുത്ത് അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പാകെ കാഴ്ച വയ്ക്കേണ്ട എന്തോ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കുക എന്നാൽ സത്യത്തെ വിശ്വാസമെന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ് അതെന്താ സർവശക്തനായ ദൈവത്തെ നോക്കുന്നതാണ് വിശ്വാസം നമ്മുടെ ദൃഷ്ടികൾ നമ്മിൽ നിന്ന് നമ്മൾ കടന്നു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും മാറ്റി ഉയരത്തിലേക്ക് ദൈവത്തിലേക്ക് നമുക്ക് പുറത്ത് നമ്മുടെ വലിയവനായ ദൈവത്തിലേക്ക് നോക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ തന്നെ ദൈവത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിലുള്ള ദൈവത്തെ നോക്കുമ്പോൾ എന്താ നമ്മൾ കാണേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തിൽ കാണേണ്ടത് എന്തൊക്കെയാ ഒന്ന് എന്ന് പറയുന്നത് ദൈവം സർവശക്തനാണ് ദൈവത്തിന് താൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ കഴിയും എന്ന് കാണുന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ദൈവത്തിന് കഴിയുമെന്ന് മാത്രമല്ല ദൈവത്തിന് അതിന് മനസ്സുമുണ്ട് എന്ന് കാണുന്നതാണ് രണ്ടാമത്തെ കാര്യം കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തന്നോടുള്ള ബന്ധത്തിൽ ആ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സമീപിച്ച ആളുകളുടെ ജീവിതത്തിൽ കുറവുള്ളതായിട്ട് താന് കാണിച്ചു തരുന്ന രണ്ട് ഭാഗങ്ങളെങ്കിലുമുണ്ട് ഒന്ന് എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലൊക്കെയാണ് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അവിടെ എന്താ മറുരൂപമല മറുരൂപമലയിൽ നിന്ന് ഇവരിറങ്ങി വരികയാണ് യേശുവും തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരും കൂടെ ഇറങ്ങി വരുമ്പോൾ താഴെ ഇതാ തൻ്റെ മറ്റ് ശിഷ്യന്മാർക്ക് ഓ ഒരു സൗഖ്യമില്ലാത്ത മകനെയും കൊണ്ടുവന്ന ഒരു പിതാവിന് അവൻ അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ മകന് സൗഖ്യം കൊടുക്കാൻ മറ്റു ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഈ മറുരൂപമലയുടെ താഴെ മല ഇറങ്ങി വരുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ആ നിലയിലാകപ്പാടെ ഒരു അസ്വസ്ഥത കണ്ടുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു എന്താ എന്താ കാര്യം അന്നേരം ഈ ബാലൻ്റെ പിതാവ് കർത്താവിനോട് പറയുക കർത്താവ് ഞാൻ എൻ്റെ മകനുമായിട്ട് ഇവിടെ വന്നു അവനെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവരാരും സൗഖ്യമൊന്നും ആക്കിയില്ല നിനക്ക് നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണേ എന്നാണ് ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അവിടെ കണ്ടോ കർത്താവ് ഈ ബാലൻ്റെ പിതാവ് പറയുന്നു കർത്താവ് നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ അപ്പോൾ അവന് ചോദിക്കുന്നത് എന്താ അവന് ദൈവത്തിന് ഇത് കഴിയുമോ കർത്താവിന് ഇത് കഴിയുമോ എന്നുള്ള ആ പ്രശ്നത്തിലാണ് ഈ ബാലെ പിതാവ് അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഉടനെ കർത്താവ് എന്തോ പറയുന്നു കർത്താവ് പറയുന്നു നിന്നാൽ വല്ലതും കഴിയും എങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞ് തന്നെ ഈ കാര്യം ചെയ്തു കൊടുക്കാൻ ശക്തനാണ് എന്നുള്ളത് താന് ഉറപ്പിച്ചു പറയുന്നു അതിന് ആ കാര്യം നീ കാണണം ദൈവം കഴിവുള്ളവനാണ് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നല്ല ഉടനെ ആ ബാലൻ്റെ അപ്പന് കാര്യം മനസ്സിലായി അവൻ നിലവിളിച്ചു ഇരുപത്തിനാലാമത്തെ വാക്യം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്നാ പറഞ്ഞു അവൻ നമ്മൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ഒന്നാമത് ദൈവത്തെ കാണുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞു ദൈവത്തെ കാണുമ്പോൾ തന്നെ എന്താ അതിൻ്റെ അകത്തുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തിന് ഈ കാര്യം ചെയ്തു തരാൻ കഴിയും എന്ന് കാണുക എന്ന് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു അത് നടന്നില്ല നടക്കാതിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മിൽ തന്നെ നോക്കി നിരാശപ്പെട്ട് അയ്യോ അതൊന്നും നേടാനായിട്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ നമ്മൾ നമ്മിൽ നിന്ന് കണ്ണുയർത്തി ദൈവത്തെ നോക്കുക അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തെ നോക്കുക എന്നിട്ട് അവിടെ തന്നെ എന്താ വേണ്ടത് ദൈവം ഇത് ചെയ്തു ശക്തനാണ് കഴിവുള്ളവനാണ് എന്നുള്ളത് കാണണം അത് പ്രയാസമുള്ള കാര്യമാണോ ദൈവം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം ദൈവം എന്താ ദൈവം ദൈവമാണ് അവനെ ദൈവമെന്ന് കണ്ട് മഹത്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളെ വായിക്കുന്നുണ്ടല്ലോ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഏഹ് ദൈവത്തെ ദൈവമെന്ന് കണ്ട് അവനെ റോമർ ഒന്നിൻ്റെ ഇരുപത്തൊന്നാണ് ദൈവത്തെ ദൈവമെന്ന് കണ്ട് മഹത്വീകരിക്കണം ദൈവം ആരാ ദൈവം ദൈവമാ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവം ശക്തനാണെന്നും ദൈവത്തിന് കഴിയുമെന്നും കാണുന്നത് പ്രയാസമുള്ള കാര്യമാണോ അല്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം ലളിതമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ദൈവത്തെ കാണുക എന്നിട്ട് ദൈവം ഇത് ചെയ്തു ദൈവം ശക്തനാണ് എന്ന് കാണുക അവിടുന്ന് കഴിവുള്ളവനാണ് എന്നുള്ള കാര്യം നമ്മൾ അഗ്നോളജ് ചെയ്യുക നമ്മൾ അംഗീകരിക്കുക ദൈവത്തെ നോക്കുക ദൈവം ദൈവമാണ് ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ ഓ ആദ്യം അവസാനവും ഇല്ലാത്തവൻ ഒരു വാക്കുകൊണ്ട് ഒന്നുമില്ലാത്തതിനെ ഉള്ള വാക്യവൻ അങ്ങനെയുള്ള ദൈവം ദൈവത്തിന് സഹോദര നിന്റെ ചെറിയ പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലേ കഴിവുണ്ട് ആ ദൈവത്തെ നോക്കുക ദൈവത്തിന് കഴിവുണ്ട് എന്ന് കാണുക അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ദൈവം ശക്തനാണെന്ന് കാണുന്നത് തന്നെ ശക്തനായാലും പോരല്ലോ നമുക്കത് ചെയ്തു തരാനായിട്ട് ദൈവത്തിന് മനസ്സും വേണം ദൈവം മനസ്സുള്ളവനാണെന്നും നമ്മൾ കാണുന്നതാണ് രണ്ടാമത്തെ കാര്യം മത്ത എഴുതിയ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നോക്കുക അവിടെയും കർത്താവ് ഒരു മലയിൽ നിന്ന് ഇറങ്ങി വരിക മർക്കോസിൻ്റെ സുശേഷം ഒമ്പതാം അധ്യായത്തിൽ മലയിൽ നിന്ന് ഇറങ്ങി വന്നതെങ്കിൽ ഇവിടെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഗിരിപ്രഭാഷണം നടത്തിയ മലയിൽ നിന്നാണ് കർത്താവ് താഴേക്ക് ഇറങ്ങി വരുന്നത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി ഓടി വന്നവൻ്റെ മുൻപാകെ മുട്ടുകുത്തിയിട്ട് പറയുന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കണ്ടോ കഴിവുണ്ട് എന്നുള്ള കാര്യത്തെയല്ല ഇവിടെ കുഷ്ഠരോഗി അഡ്രസ്സ് ചെയ്യുന്നത് മറിച്ച് നിനക്ക് കഴിവ് കാണും പക്ഷേ എനിക്കിത് ചെയ്തു തരാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന കാര്യത്തെയാണ് ഇവിടെ കുഷ്ഠരോഗി അഡ്രസ്സ് ചെയ്യുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ആ ബാലൻ്റെ പിതാവ് നിനക്ക് കഴിയുമെങ്കിൽ കർത്താവിൻ്റെ കഴിവിനെ ആണ് അഡ്രസ്സ് ചെയ്തതെങ്കിൽ ഇവിടെ ഇതാ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ആ കുഷ്ഠരോഗി നിനക്ക് കഴിവുണ്ടായിരിക്കും പക്ഷെ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും ഇതാണ് അവൻ പറയുന്നത് ഉടനെ കർത്താവ് എന്തോ ചെയ്യുന്നു കർത്താവ് കൈനീട്ടിട്ട് അവനെ തൊട്ട് കൊണ്ട് പറയുന്നു മനസ്സുണ്ട് സൗഖ്യമാകാം കണ്ടോ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൽ നമ്മൾ കാണേണ്ടത് ഒന്ന് എന്ന് പറയുന്നത് ദൈവം ഇത് ചെയ്തു തരാൻ കഴിവുള്ളവനാണ് സഹോദര സഹോദരി അത് കാണുന്നത് പ്രയാസമുള്ളതാണോ ദൈവത്തിനെല്ലാം കഴിയുകയില്ലേ തീർച്ചയായിട്ടും ദൈവത്തിന് അത് കഴിയും അത് കാണുക അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തു ദൈവം മനസ്സുള്ളവനാണെന്നും നമ്മൾ കാണുക ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ണുയർത്തി ദൈവത്തെ നോക്കി നമ്മൾ എണ്ണണ്ട ഈ രണ്ട് കാര്യങ്ങൾ അത് പ്രയാസമുള്ള ഒരു കാര്യമല്ല വിശ്വാസമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി എനിക്ക് വിശ്വാസമില്ലല്ലോ എന്ന് നിരാശപ്പെടുകയല്ല വേണ്ടത് മറിച്ച് ദൈവത്തെ നോക്കുക എന്നിട്ട് ദൈവം ഇത് ചെയ്തു തരാൻ കഴിവുള്ളവനാണ് എന്ന് അക്നോളജി അംഗീകരിക്കുക ദൈവത്തിന് ഇതിന് മനസ്സുമുണ്ട് എന്നുള്ള കാര്യം അതും അംഗീകരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടായാൽ മതി അത് വളരെ പ്രയാസമുള്ള കാര്യമാണോ അല്ല ദൈവം സർവശക്തനാണ് നമ്മൾ മനസ്സിലാക്കുന്ന യേശു ക്രിസ്തു മനസ്സലിവുള്ളവനാണ് അടുത്തേക്ക് വന്ന ഒരാളെ പോലും അവിടുന്ന് തള്ളിക്കളയുകയില്ല അവിടുന്ന് കഴിവുമുള്ളവനാണ് മനസ്സുമുള്ളവനാണ് കർത്താവിലുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ണുയർത്തി കണ്ട് അതിനെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം അല്ലാതെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശ്വാസം വളരെ ലളിതമാണ് പ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ ആ കാര്യത്തെ ഒന്ന് നോക്കുകയായിരുന്നു പലപ്പോഴും നമ്മൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകാറുണ്ട് അതിൻ്റെ കാര്യമില്ല നമ്മൾ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് നമുക്ക് പുറത്ത് വലിയവനായ ദൈവത്തെ നോക്കി ദൈവം കഴിവുള്ളവനാണ് ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തു മനസ്സുള്ളവനുമാണ് എന്ന് അംഗീകരിക്കുന്നതാണ് അത്ര ലളിതമാണ് വിശ്വാസം എന്നാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ ദൈവത്തെ നോക്കുക ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല കർത്താവ് തന്നെ പറഞ്ഞല്ലോ മറ്റായി മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ഇരുപത്തേഴാമത്തെ വാക്യം ദൈവത്തിന് സകലവും സാധ്യമല്ലോ ദൈവത്തിന് സകലവും സാധ്യമല്ലോ വർക്കോഴ്സ് പത്തിൻ്റെ ഇരുപത്തിയേഴ് അപ്പോൾ ദൈവത്തിന് സഹോദര നിൻ്റെ ഈ കാര്യം ചെയ്തു സാധ്യമാണ് ദൈവത്തിന് കഴിയും അതുപോലെ തന്നെ അപ്പോഴും ഉള്ള പ്രശ്നം അവന് കഴിയുമെങ്കിലും അവന് മനസ്സുണ്ടോ എന്ന കുഷ്ഠരോഗിയുടെ സംശയം പോലെ ആ സംശയവും നമ്മൾ ദൈവസന്നിധിയിൽ തന്നെ കൊണ്ടുവരിക ദൈവം എന്താ അവിടുന്ന് മനസ്സലിവുള്ളവനാണ് നമ്മൾ പാവികളായിരുന്നപ്പോൾ നമ്മളൊരു ഒരു നന്മയും നമ്മളില്ലാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമ്മളെ അവിടുത്തെ മക്കളാക്കിയെങ്കിൽ ഓ മക്കളുടെ പ്രശ്നത്തിൽ ഈ പിതാവിന് മനസ്സലിവില്ലാതിരിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തേക്ക് മനസ്സുമുണ്ട് കഴിവുമുണ്ട് ഈ കാര്യം കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം നമ്മൾ ഇന്ന് കടന്നു ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസമുള്ളവരായിട്ട് നമുക്കായിരിക്കാം പലപ്പോഴും പിശാജ് നമ്മിലേക്ക് ഈ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെ അത് സന്തോഷത്തിലേക്ക് നടത്തുന്നതിന് പേരെ നിരാശയിലേക്ക് നടത്താൻ പിശാജി ചിലപ്പോൾ ശ്രമിക്കും ഓ മറ്റുള്ളവർക്കൊക്കെ വിശ്വാസം ഉണ്ടാകും നിനക്ക് വിശ്വാസം ഒന്നുമില്ല നീയെ അത്ര വിശ്വാസമുള്ളവനല്ല വിശ്വാസമുള്ളവളല്ല എന്ന് സാത്താൻ കൊണ്ടുവരുന്ന ചിന്തകളെ നിരാകരിക്കുക നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് ദൈവത്തിലേക്ക് നോക്കി അബ്രഹാമിനെ പോലെ വിശ്വാസികളുടെ പിതാവ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാം അതാ ചെയ്തത് തന്നിൽ നിന്ന് നോട്ടം മാറ്റി ദൈവത്തിലേക്ക് നോക്കി അതുപോലെ തന്നെ ആ ദൈവം കഴിവുള്ളവനാണെന്നും അവിടുന്ന് മനസ്സുള്ളവനാണെന്നും കാണുക നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തോട് ചേർന്ന് ഇങ്ങനെ നമ്മൾ വിശ്വാസമുള്ളവരായിട്ടായിരിക്കുമ്പോൾ ദൈവവിന്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കി തീർക്കും നമുക്ക് ദൈവത്തെ കൂടുതൽ രുചിച്ചറിയാനുള്ള അവസരമായിട്ട് ഈ സന്ദർഭങ്ങൾ സ്വാഭാവികമായിട്ട് പ്രയാസമുള്ള സന്ദർഭങ്ങളെ ദൈവമാക്കി തീർക്കും നമ്മൾ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം യഹോ എൻ്റെ ഇടയിനാകുന്നു കഴിഞ്ഞൊരു ദിവസം ഞാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വീണ്ടും ചില നാളുകൾക്ക് ശേഷം എൻ്റെ ശ്രദ്ധയിൽ വരാനായിട്ട് ഇടയായി അവിടെ കണ്ടോ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം അവിടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താ യഹോവ എൻ്റെ ഇടയിനാകുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് അവൻ എന്നെ കിടത്തുന്നു അവൻ എന്നെ നടത്തുന്നു അവൻ തണുപ്പിക്കുന്നു എന്നിങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ദൈവത്തെ അവൻ അവൻ അവൻ എന്നാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ നാലാമത്തെ വാക്യം വരുമ്പോൾ ദൈവത്തെ അവിടം മുതൽ എന്താ സംബോധന ചെയ്യുന്നത് നീ എന്നോടു കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു നീ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കീർത്തനക്കാരൻ്റെ സംബോധന അവൻ എന്നുള്ളതിൽ നിന്ന് നീ എന്നതിലേക്ക് മാറുക ഏ ഒരു ഗ്രാമറിൻ്റെയോ ഏതാണ്ട് പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതല്ലേ അവനെന്ന് പറയുന്നതും നീ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ അവനെന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാളാണ് അവൻ നമുക്കടുത്തില്ലാത്ത ഒരാളായിട്ടാണ് അവൻ അവൻ എന്നാൽ നീയെന്ന് പറയണമെങ്കിലോ നീയെന്ന് പറയണമെങ്കിൽ നമ്മൾ നേരിട്ട് കാണണം നേരിട്ട് അഭിസംബോധന ചെയ്യണം ഇവിടെ ഇതാ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം വാക്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു സങ്കീർത്തനമാണ് അവിടെ പ്രാരംഭത്തിൽ ദൈവത്തെ അവൻ അവൻ അവൻ എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു പക്ഷേ നാലാം വാക്യം മുതൽ നീ നീ നീ എന്ന് പറയുന്നു എന്താ സംഭവിച്ചത് ആ നാലാം വാക്യത്തിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ആ ട്വിസ്റ്റ് എന്താ അവിടെ അവിടം മുതൽ ദൈവത്തെ കുറച്ചുകൂടെ നേരിട്ട് കാണുക നീ അവനെന്നുള്ളത് നീ എന്ന സംബോധനയ്ക്ക് വഴി മാറുന്നു ദൈവത്തെ അവിടെ വെച്ച് നേരിട്ട് കാണുന്നു അത് ഏത് രംഗമാ ആ നാലാമത്തെ വാക്യം നോക്കുക കുരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ കണ്ടോ കുരിരുൾ താഴ്വരയിൽ വെച്ചാണ് അവൻ എന്ന സംബോധന നീ എന്ന സംബോധനയ്ക്ക് വഴി മാറുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തെ അവിടെ വെച്ച് നേരിട്ട് കണ്ടു അതുവരെ ഒരു തേർഡ് പേഴ്സണായിട്ടേ അറിയുള്ളൂ ഹി ഹി ഹി എന്നേ അറിയുള്ളൂ നാലാമത്തെ വാക്യം വന്നപ്പോൾ യു എന്നൊരു സെക്കൻഡ് പേഴ്സണിലേക്ക് സംബോധന മാറി പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും നേരിട്ട് കാണുന്നവരെയാണ് നമ്മൾ നീ എന്ന് പറയുന്നത് അകലെയുള്ള ഒരാളെ അവനെന്നാണ് പറയുന്നത് സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂരിരൽ താഴ്വരയിൽ വന്നപ്പോൾ ഓ ഈ അന്ധകാരത്തിന്റെ താഴ്വരയിൽ വന്നപ്പോൾ അതുവരെ ദൈവത്തെ അവൻ അവൻ അവൻ എന്ന് പറഞ്ഞിരുന്ന സങ്കീർത്തനക്കാരൻ അവിടം മുതൽ ദൈവത്തെ നീ നീ നീ എന്ന് സംബോധന ചെയ്യുന്നു അപ്പൊ അവിടെ വെച്ച് എന്ത് സംഭവിച്ചു അവനായിട്ട് കണ്ടിരുന്ന ദൈവത്തെ നീ എന്ന് കാണാനിടയായി ദൈവത്തെ കുറച്ചുകൂടി ആഴമുള്ള ഒരു ആ തലത്തിൽ അറിയുന്നതാണ് കൂരിരുൾ താഴ്വരയിൽ നടന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മോടൊപ്പം എന്ന് കരുതുന്ന പലരും കൂരിരുൾ താഴ്വരയിൽ നമ്മോടൊപ്പം ഉണ്ടാകുകയില്ല ഞാനൊരു കവിതയുടെ ചില വാക്യ ആശയം ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കാൻ ആയിരം പേരുണ്ടാകും എന്നാൽ കരയുമ്പം നമ്മുടെ കൂടെ കരയാൻ നമ്മുടെ നിഴല് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ആ കവിതയുടെ ആശയം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേരുണ്ടാകും പക്ഷെ കരയുമ്പോഴേ ആരേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ നിഴല് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരീരത്തിൻ്റെ നിഴല് നമ്മളെ വിട്ടു പിരികയില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്നാൽ ഒരു ഇരുട്ടത്ത് നമ്മൾ നടന്ന നിഴല് കാണുമോ ഇല്ല ശരീരത്തിൻ്റെ നിഴല് കാണുകയില്ല ഒരു നിഴലും ശരീരവും തമ്മിലൊരു സംഭാഷണം നടന്നതിനെ കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ആ നിഴല് ശരീരത്തോട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് നിന്നെ ഞാൻ വിശ്വസ്തമായിട്ട് പിൻപറ്റുന്നു എന്ന് നിഴല് പറഞ്ഞു അപ്പൊ ശരീരം നിഴലിനോട് തിരിച്ചു ചോദിച്ചു ആട്ടേ നിഴലേ ഞാൻ ഇരുട്ടത്തൂടെ നടക്കുമ്പോൾ നീ എവിടെ പോയി ശരിയല്ലേ ഇരുട്ടത്ത് നടക്കുമ്പം നിഴലില്ല ഇവിടെ ഇതാ കൂരിരൽ താഴ്വര എന്ന ഇരുട്ടത്ത് നടക്കുമ്പം നമ്മുടെ നിഴല് പോലും നമ്മുടെ കൂടില്ല ഇരുട്ടത്ത് നിഴല് പോലുമില്ല ഏഹ് കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും മരണനിഴലിൻ്റെയും ഒരവസ്ഥയാണ് നമ്മുടെ സ്വന്തം നിഴല് കൂടുണ്ടാകുമെന്ന് വിചാരിച്ച നിഴല് ഇരുട്ടാണ് പക്ഷെ അവിടെ ആരുണ്ട് ഓ അവിടെ കുരുരൽ താഴുകൾ കൂടെ കിടക്കുമ്പോൾ സ്വന്തം നിഴല് പോലും വരാത്തപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാരും നമ്മോടൊപ്പം വരാത്തപ്പോൾ അവിടെ നമ്മോടൊപ്പം വരുന്ന ഒരുവനുണ്ട് അവനാണ് സങ്കീർത്തനക്കാരൻ സംബോധന ചെയ്യുന്ന നീ നീ എൻ്റെ ഇടയൻ എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ള ഒരു രംഗത്ത് വരുമ്പോൾ നമുക്കത് ദൈവത്തെ കൂടുതൽ വിശ്വാസത്തില് ദൈവത്തെ അതേ ഇല്ലാത്ത അളവിൽ തിരിച്ചറിയാനും ദൈവത്തെ മനസ്സിലാക്കാനുമുള്ള ഒരു സാധ്യതയാണ് അവിടെ കിടക്കുന്നത് നമ്മളത് കാണണം ഓ നമ്മളിന്ന് പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെ കടക്കുകയാണ് പക്ഷേ ദൈവത്തെ ഇതേ വരെ ഇല്ലാത്ത നിലയിൽ നമുക്ക് കൂടുതൽ അടുത്തുള്ളവനായിട്ട് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയാനൊക്കെ ദൈവത്തെ ആ നിലയിൽ ഒരു മൂന്നാമനായിട്ട് നമ്മൾ ഇതേവരെ കണ്ടിരുന്നെങ്കിൽ ദൈവത്തോട് കുറച്ചുകൂടെ അടുത്ത ഒരു ബന്ധമുണ്ടാക്കാൻ ഈ കുരുൾ താഴ്വര നമ്മളെ സഹായിക്കും നാൽപ്പത്തിയെ ആറാം സങ്കീർത്തനത്തില് പറയുന്നല്ലോ കഷ്ടങ്ങളിലാണ് അവനേറ്റവും അടുത്ത സഹായകൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവം നമ്മുടെ സങ്കേതവും പോലും ആകുന്നു അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഏറ്റവും അടുത്ത തുണ അപ്പോൾ ഈ കഷ്ടങ്ങളുടെ സമയത്ത് ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ ഈ മരണനിഴൽ താഴ്വരയിൽ മരണത്തിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ ഇരുട്ട് മാത്രമേ ഉള്ളൂ ആരും നമ്മുടെ കൂടെ ഇല്ല പക്ഷേ ദൈവത്തെ നമുക്ക് കൂടുതൽ അറിയാൻ നമുക്ക് വിശ്വാസത്തിൽ ദൈവത്തെ കൂടുതൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഈ പ്രയാസങ്ങൾ നമ്മളെ സഹായിക്കണം അതിനുള്ള അവസരമായിട്ട് നമ്മൾ ഇതിനെടുക്കണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇരുട്ടിന് കട്ടി കൂടുന്തോറും നക്ഷത്രത്തിന് തിളക്കം കൂടും നമ്മുടെ വിശ്വാസം കൂടുതൽ തിളങ്ങുന്നത് ഇരുട്ടിലാണ് ഇരുട്ടിലാണ് ഇരുട്ടിന് കട്ടി കൂടുന്തോറും നക്ഷത്രത്തിന് തിളക്കം കൂടും പ്രിയപ്പെട്ടവരെ കർത്താവിനെ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കാവുന്ന സമയമായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നക്ഷത്രം കൂടുതൽ തിളങ്ങുന്ന സമയമായിട്ട് ഇതിനെ നമുക്ക് എടുക്കാം വിശ്വാസം എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല ദൈവത്തെ നോക്കുക ദൈവം സർവശക്തനാണെന്ന് കാണുക ദൈവം നമ്മളെ സഹായിപ്പാൻ മനസ്സുള്ളവനുമാണെന്ന് കാണുക ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ മരണനീഴൽ താഴ്വര നമ്മെ സഹായിക്കും നമുക്കതിനായിട്ട് ദൈവസന്നദ്ധിയില് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കും